ively ‫ സഗറാാാചചാച avez ാാചബംചഴ impair ാവഇ Rothитан ticks examining the latest festival and adolescents어서 teaching that jungle. ഹന ജഗതി വിഹരായാ ഭ്രമണം അടങ്ങൾ ജാഗതം കഴിഞ്ഞ മൂന്ന് പദ്യങ്ങൾ അവസാനിക്കുകയാണെങ്കിൽ തിയ ദൃഷ്ടി കത്തി കത്തൊരു ജാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ജാഗതം ഈ യുഗത്തിലെ ജീവിതം ഇതം ഭ്രമണം വിനോദം അഞ്ചാസന് വന്ന പ്രതി തുടർച്ചയായ തുടങ്ങി എന്തുകൊണ്ടങ്ങനെ ആനന്ദകരമായിരിക്കും അറിവുകൊണ്ട് എങ്ങനെയുള്ള അറിവാണ് രഥസ്ഥാന സ്ഥാണുവായ ജഡമായ സമഞ്ചുദ്ധി എന്നാണ് തോന്നും ർത്ഥമാകുന്നത് ഗഹം ആ ദേഹം രഥമാണ് വംശത്തിലും കീഴിലും കൊണ്ടിരുന്ന രഥരൂപത്തിന് അത്ര വിശദമായി പറയുകയാണ് അപ്പൊ ഈ ശരീരത്തെ രഥമായിട്ടോ രഥം പോലെയൊക്കെ തുരകരചനാഥ് കുതിരീകരിക്കുകയും ഇന്ദ്രിയങ്ങളുടെ ഗതി പ്രവർത്തനങ്ങൾ എന്താണ് ഈ രഥത്ത് വിന്യാസം മൂലമാണ് കുതിരകളേക്ക് അത് തുരകത്ത് വഹിച്ചുകൊണ്ട് പോകാൻ രഥത്തിന്റെ മുന്നിൽ വിന്യസിച്ചിട്ടുണ്ട് ക്രമീകരിക്കും രചനാമൂല ക്രമീകരണം ആ ക്രമീകരണം അത് പരാജി ഖാനി കട്ട സ്വയംഭൂം എന്നൊക്കെ പക്ഷത്തിൽ പറയുന്ന കഴിഞ്ഞ സ്വയംഭൂ ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ സൃഷ്ടിച്ചിരുന്നു വിന്യസിച്ചിരിക്കുന്ന ഓരോ ഇന്ദ്രിയങ്ങൾക്കും പ്രത്യേക പ്രത്യേക കഴിവുകൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രചന എന്നുള്ള ആശങ്ക ഉപയോഗിച്ച് പ്രപഞ്ചരചന എന്ന് സാധനം പ്രപഞ്ച സൃഷ്ടി ഇന്ദ്രിയുടെ പ്രവർത്തനങ്ങളെ പെട്ടെന്ന് അങ്ങനെ വളരെ ശാസ്ത്രീയമായി നമ്മുടെ ജീവന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും പരിണാമത്തിനുമൊക്കെ അനുയോജ്യമായ രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ എങ്ങനെ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും ഈ സ്ഥാനം ശരീരത്തിന്റെ ജീവൻ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിന് പ്രത്യേക ഇതും പല സവിശേഷതകളുണ്ട് അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അരിപ്പന്ധോ വാദോ വാഹനം പരിസ്പന്ദവും നിരന്തരം സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന വാത മിച്ച വായു വായുവോ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രാണ പ്രാണെന്നു പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് സർവപ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് എല്ലാം പ്രാണൻ ആണെന്നാകുന്ന പിന്നെ പ്രാണസ്പന്ദനം ഓരോ കോശങ്ങളുടെയും പ്രവർത്തനത്തിന്റെ പിന്നിൽ എന്താണ് പ്രാണന്റെ സ്പന്ദനമാണ് അതിനെ പ്രവർത്തിപ്പിക്കുന്നതിന് അതിന് കിട്ടുന്ന ഊർജം അത് തന്നെ പ്രാണ ഇന്ന് നമ്മൾ മനസ്സിലാക്കും പണ്ടങ്ങനെ തന്നെ മനസ്സിലാക്കി ശക്തി വിശേഷമായിട്ടാണ് പണ്ട് മനസ്സിലാക്കി ഇന്ന് അതിന് ഊർജമായി അപ്പോൾ വാദസ്പന്ദനങ്ങൾ പ്രാണപ്രവർത്തനങ്ങൾ കൊണ്ട് എന്ത് സംഭവിക്കുന്നു വഹനാനന്ദിഷ്ടം പഹപ്രാപണെ ഉയർത്തിയെടുത്താണ് വാഹനം മഹതി രഥം മഹതിര എന്നൊക്കെ പറയുന്നിടത്താണ് അതിൻ്റെ ഗതിയെക്കുറിച്ച് പറയാം രഥത്തിൻ്റെ ഗതിയെക്കുറിച്ച് പറയാം വഹനം കൊണ്ട് ആ വഹനം കൊണ്ട് എന്താണ് കലിതമായ സമ്പാദിതമായ ആനന്ദത്തിൻ്റെ വിഷയമാണ് എല്ലാ പ്രവർത്തനവും അങ്ങനെ ആനന്ദമാകുന്ന വിഷയത്തോടു കൂടിയതാണ് കലിതാനന്ദ ഈ ഗതി വാഹന വിധസഞ്ചാരങ്ങളുടെ ഈ ശരീരം ഇന്ദ്രിയുടെയൊക്കെ ഈ പ്രവർത്തന ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് കരുതമായ സമ്പാദിതമായ എന്താണ് സമ്പാദിക്കുന്നത് കൂടെ പറയുന്നത് ഈ അറിവുള്ളവന്റെ കാര്യമാണ് അവൻ സമ്പാദിക്കുന്ന അതിൽ നിന്ന് ആനന്ദമാണ് ആനന്ദമാണ് വിഷയം എന്തിന്റെ വിഷയം ഈ എല്ലാ പ്രാണസ്പന്ദനത്തിന്റെയും വിഷയം പ്രാണസ്പന്ദനം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത് ഒന്ന് ചിന്ത മറ്റൊന്ന് പ്രവൃത്തി ചിന്തയുടെയും പ്രവൃത്തിയൊക്കെ ഫലം അതിന്റെ വിഷയം എന്ന് പറയുന്ന ആനന്ദമാണ് ഇവിടെ പറയുന്ന ധിയാദൃഷ്ടത്വം ബുദ്ധി കൊണ്ട് ഈ അറിവിനെ നേടിയവർ ഇവിടെ പറയുന്ന ആത്മബോധം എന്ന് പറയുന്നത് അപ്പോൾ ആത്മബോധം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ അവൻ്റെ എല്ലാ തരത്തിലുള്ള ചിന്തകളിലും പ്രവൃത്തികളിലും ആ ബോധം അവൻ ആനന്ദത്തെ ഉണ്ടാക്കുന്നു എന്നാണ് ഈ പറയുന്നത് ഞങ്ങൾക്കും ആനന്ദ വിഷയം അറിവ് ആനന്ദത്തെ കൊടുക്കുന്നു എന്നാണ് മനുഷ്യൻ അതിനൊന്നും തർക്കമുള്ള സംഗതികളല്ല നമുക്ക് ദുഃഖത്തെ കൊടുക്കുന്നതിൽ ഒരു വലിയ പങ്ക് നമ്മുടെ അറിവിലുണ്ട് ആനന്ദത്തെ നൽകുന്നതിനും വലിയൊരു പങ്ക് നമ്മുടെ അറിവിലുണ്ട് മനുഷ്യന് ആനന്ദത്തെ കൊടുക്കണമെങ്കിൽ ജീവിതം ജീവിതം എന്ന് പറയുന്നത് എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ ചേർക്കും പ്രാണപ്രവർത്തനങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് ജീവിതം കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ പറയും പ്രാണപ്രവർത്തനമാണ് നിങ്ങൾ കേൾക്കുന്നത് പ്രാണപ്രവർത്തനമാണ് പ്രവർത്തികൾ എന്റെ മനസ്സിൽ ചിന്തയില്ലാതെ പറയാൻ പറ്റും നിങ്ങളുടെ മനസ്സിലും ചിന്ത ഇതെല്ലാം എന്താണ് പ്രാണപ്രവൃത്തിയാണ് ഇത് ഒരു വ്യക്തിപരമായ കാര്യം പറയാം വ്യക്തിനിഷ്ഠമായ ഒരു കാര്യം പറയുക അപ്പോ ഈ അറിവുകൊണ്ട് ഈ പ്രവൃത്തികളെല്ലാം അവൻ ആനന്ദത്തിൽ ഉണ്ടാക്കുന്നു പക്ഷെ അതങ്ങനെയുള്ള അറിവായിരിക്കും അറിവെന്ന് പറയുമ്പോൾ മനസ്സിന് വിക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്ന ചിലപ്പോൾ നമ്മുടെ അറിവ് അങ്ങനെയാവും കാരണം സാഹചര്യങ്ങളാണ് സാഹചര്യങ്ങൾ ചിലപ്പോൾ മനസ്സിന് വിക്ഷോഭത്തെ ഉണ്ടാക്കും മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാകും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാനത് നഷ്ടപ്പെട്ടു എപ്പോഴാണ് ശരിയായ അറിവ് മനസ്സെക്കുന്നത് മനസ്സിന് ശാന്തമാക്കുന്നത് മനസ്സിന് ആനന്ദം എല്ലാം മനസ്സിൽ തന്നെ സംഭവിക്കുന്നു വേറെ സംഭവിക്കാനുള്ളൊരിടം മനസ്സിന് അങ്ങനെ ഒരു അവസ്ഥ മനസ്സിന് കൈവരുന്ന അറിവുകൊണ്ട് അവിടെ പറയുന്നു ജാഗ്രത ഹിതം അടങ്ങും ജീവിതം ഒരു വിനോദമാണ് അപ്പോൾ അറിവിലൂടെ ജീവിതം ഒരു വിനോദമാകുന്നതിനെല്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും ഏത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും പറയുന്നില്ല നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടാവും നിങ്ങൾക്ക് ശരിയായ ബോധമുണ്ടാവും നിങ്ങൾ കോൺഷ്യസ് ആയിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അതുതന്നെയാണോ പറയുന്നത് അറിവുള്ളതിനൊരു പ്രധാനമായ വ്യക്തിനിഷ്ഠമായ ആനന്ദത്തിന് ഒരു പ്രധാനമായ ഉപായം എന്ന് പറയുന്നത് അറിവ് തന്നെയാണ് പിന്നെ മറ്റൊന്നുകൂടെ ഓർക്കുന്നത് എന്താണോ നമ്മുടെ ചുറ്റുപാടുകൾ സാഹചര്യങ്ങൾ അനുകൂലമായി ഒരുപാട് വിശക്കുന്നവനാണ് അതിൻ്റെ പരിഹാരം ഉണ്ടായാലും നമ്മുടെ അറിവ് ആനന്ദവും ഉണ്ടാകും ഒരാൾ ഒരുപാട് രോഗാദികൾ വന്ന് നഷ്ടപ്പെടുന്നവനാണ് അറിവൊന്നും ആനന്ദത്തെ ഉണ്ടാക്കത്തില്ല മറ്റ് പ്രശ്നങ്ങൾക്ക് അതാതിരിത പരിഹാരങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവും മനുഷ്യന്റെ ഭൗതികമായ പ്രശ്നങ്ങൾക്ക് ഭൗതികമായ പരിഹാരങ്ങളും കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ അറിവിലൂടെ ഒരാൾക്ക് ആനന്ദത്തെ ഉണ്ടാക്കും അവിടെ അറിവിനെ ദുരുപയോഗം അതാണ് അർത്ഥമുള്ളത് പരോ അണർവാദേഹി ജഗത് വിഹരാ ഇത്യകയാഥി പരോ അണർവാദേഹി ദേഹി ഈ ജീവൻ സംഗ്രഹത്ത് പറയുന്നത് എന്താണ് അത് പരനാണ് പരമാത്മാവാണ് രാമാനുജം പറയുന്നത് എന്താണോ അണുവാണ് കാര്യത്തെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ പല ഇത് പലതാണ് ചെറു അണുവാണ് ചെറുപറയും രണ്ട് ഒന്നാണ് എന്തയും രണ്ട് രണ്ടാണ് എന്ന് പറയുമ്പോൾ സൂചിപ്പിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്ന് ഈ അതീമ്പര്യമായ അപകൂമായ തത്വത്തെ സംബന്ധിച്ചുള്ള തർക്കവിതർക്കങ്ങൾ അത് മൈൻഡ് ചെയ്യണ്ടെന്ന് അവൾക്ക് അതെന്തുമായിക്കൊള്ളോട്ടെ അണുവായിപ്പോതോട്ടെ അല്ലെങ്കിൽ പരനായിപ്പോലോട്ടെ അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോകേണ്ട കാര്യമില്ല ശരി പിന്നെ ഇവിടെ പറയുന്ന അറിവെന്താണ് ഇവിടെ പറയുന്ന അറിവെന്ന് പറയുന്നത് അദ്വൈതത്തിന്റെ അറിവാണ് അദ്വൈതത്തിന്റെ ഒരു സിദ്ധാന്തമാണ് അപ്പൊ ആ സിദ്ധാന്തത്തിൽ ഉള്ള അറിവിനാണോ ഇവിടെ പറയുന്നത് പറയുന്നത് അത് എന്നുള്ള തർക്കം വേണ്ട പിന്നെങ്കിലും ഈ സിദ്ധാന്തത്തെ നമ്മളറിയും എന്നുള്ളതാണ് സിഷ്ടത്തിന്റെ നിലപാടിൽ ഇത് തന്നെയാണ് എല്ലാവരും അതൊക്കെ ശരിയാണ് ഇവിടെ തർക്കമുണ്ട് അതാണ് വാങ്ങും പതിനാണോ അത് ആ തർക്കം അതങ്ങനെ നടന്നോട്ടെ അത് എന്താണ് അതിനുള്ള അറിവ് പഠിക്കും ശേഷി ആൾക്കാർ തകർച്ചുണ്ട് അവർ തീരുമാനിച്ചുണ്ട് നമ്മളെന്ന് പറയുന്ന എന്താണ് ആ പറയുന്ന ആ അറിവിന്റെ ഗുണഭോക്തായ മാത്രം അതൊക്കെ അറിവിലൂടെ ആനന്ദം വേണമോ അത്തരം തർക്കവിതർക്കങ്ങളിലേക്ക് പോയേണ്ട കാര്യമില്ല അത് തർക്കിവിടെ തർക്കിച്ച് അത് തീരുമാനത്തിലെത്തി ഇത് പരനാണോ അണുവാണോ എന്ന് തീരുമാനിക്കാതെ എനിക്ക് എന്റെ അറിവിന് ആനന്ദമുണ്ടാകില്ല എന്നാണ് അവിടെയാണ് പ്രശ്നം നിങ്ങളുടെ നിങ്ങളുടെ അറിവിന് നമ്മുടെ നിങ്ങളെന്ന് പറയുകയും ശരി നമ്മുടെ അറിവിന് ആനന്ദമുണ്ടാകുന്നത് ഏതാണ് നിങ്ങൾ എത്രയൊക്കെ തർക്കവിതർക്കങ്ങളിലേക്ക് പോയാലും ചെയ്യും ചിലർക്ക് ഇത് പറ്റുന്ന അറിവാണ് ആനന്ദത്തെ ഉണ്ടാകും ചിലർക്ക് ഇത് അണു എന്നുള്ള അറിവാണ് ആനന്ദത്തെ ഉണ്ടാക്കുന്നത് അപ്പൊ ഏതറിവ് ആനന്ദത്തെ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല അത് ഓരോ വ്യത്യാസത്തിലേക്കാണ് നമ്മളേതിനോടാണോ ഇഷ്ടം കൂടുന്നത് അതാണ് നമുക്ക് ആനന്ദത്തെ തരുന്നത് നമുക്ക് പരനെന്നുള്ള അറിവാണ് ആനന്ദത്തെ തരുന്നതെങ്കിൽ ചെയ്യും അതിലാനന്ദിക്കല്ല എന്നിട്ട് ശങ്കരാചാര്യന് പറയുന്നതാണ് ആനന്ദത്തെ തരുന്നതെങ്കിൽ ഇവിടെ അതാണ് പറയുന്നത് ആനന്ദത്തെ സ്വീകരിക്കുക പക്ഷെ അത് എല്ലാവർക്കും അതാണത്തെ കുഴപ്പമില്ല പിന്നെ രാമാനുജം വന്നിട്ട് അണു എന്ന് പറയേണ്ട കാര്യമുണ്ട് ഇതെഴുതി ശങ്കരായ രാമാനുജനമൊക്കെ ശേഷമാണ് അപ്പോഴു ആരാണെന്നൊന്നും അറിയുന്നില്ല വലിയ അറിവുള്ള ആളാണ് സംശയം അപ്പോൾ ചിലർക്ക് അതായിരിക്കും അണു എന്നുള്ള അറിവായിരിക്കും ഈ ആനന്ദ അതുകൊണ്ടാണ് ഈ ഇതിലൊക്കെ പല പിരിവുകൾ പിന്നീട് പുരാണങ്ങളിലാണ് ഉണ്ടായത് എന്താണ് ഭക്തിയോഗം ജ്ഞാനയോഗം കർമ്മയോഗം ഇങ്ങനെയുള്ള പിരിവുകൾ പുരാണങ്ങളിലാണ് ഉണ്ടായത് ഓർമ്മ പുരാണമാണെന്നാണ് എന്താ ഉള്ളത് അവിടെയാണ് ഇത് ഇങ്ങനെ വിഭജിച്ച് പറയുക ഈ യോഗങ്ങളെ എന്തുകൊണ്ട് അങ്ങനെ വിഭജനം ഉണ്ടായ കാരണം ആൾക്കാർക്ക് ഓരോരുത്തരോടാണ് ഇഷ്ടം അപ്പോ തർക്കിച്ചിട്ട് കാര്യമൊന്നുമില്ല തർക്കിച്ചിട്ട് വേറെ അല്ല രണമാണ് ആത്മാവെന്ന് അംഗീകരിപ്പിക്കാവുന്നതിന്റെ പ്രയാസം ഇഷ്ടം തോന്നി അംഗീകരിക്കും അല്ല പരണാണോ ദേഹി എന്ന് പറയുമ്പോൾ ജീവാത്മ പരമാത്മയ്ക്ക് ചിലര് സ്വീകരിക്കും ചിലർ സ്വീകരിക്കും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അതിലാനന്ദിക്കും ഒരിക്കലും ഈ തർക്കത്തിന്റെ തലത്തിൽ നമുക്ക് ആനന്ദം ഉണ്ടാകുന്നില്ല തർക്കിക്കുന്നതിലൊരാനന്ദം വരും അതിനപ്പുറം തർക്കം നമുക്കൊരു ആനന്ദത്തിൽ ഉണ്ടാക്കുന്നതാണ് മറ്റേതൊരു പ്രവൃത്തിയെപ്പോലും അതൊരു എക്സർസൈസ് അവരാനന്ദ കൊടുക്കും ഇല്ല എന്നുണ്ടായിരുന്ന പക്ഷെ ഇവിടെ പറയുന്ന ജീവിതം മൊത്തം ആനന്ദമാക്കുക എന്ന് പറയുന്നു അത് പറ്റത്തില്ല അത് ഇപ്പോ ജീവൻ അണുവാണെന്ന് പറയുന്നവരുണ്ടാവും അവർ പറയുന്നത് നിരന്തരം ശ്രീമന്ത് നാരായണനെ സ്മരിച്ചുകൊണ്ടിരിക്കുക ഭജിച്ചുകൊണ്ടിരിക്കുക നിരന്തരം അത് നന്ദോ അല്ലെങ്കിൽ അവര് ചെയ്യുന്നു സാധാരണ ഒരാൾ അവർക്ക് ബോറടിക്കുന്നു അവരങ്ങനെയല്ല നിരന്തരം തന്നെ എന്ത് ചെയ്യുന്നു ഈ നാരായണ നാമം ജിച്ച് വച്ച് പൂജകൾ ചെയ്യുന്നു നിരന്തരം എല്ലാത്തിനും അവരനന്ദം കിട്ടുന്നു മറ്റൊരു പ്രവൃത്തി അവർക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റില്ല അപ്പൊ അവരനന്ദം കണ്ടെത്തുന്നില്ല എന്ന് അനത്തോ അവരും ആനന്ദിക്കുകയാണ് അവർക്കതില് ഈ ആനന്ദം കണ്ടെത്തുന്നു പോലെ തന്നെ നമ്മളൊരു പ്രവൃത്തി ചെയ്തിട്ട് അത് ആവർത്തിക്കുമ്പം നമുക്ക് വിരസത അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മളതിന്റെ ആനന്ദം കണ്ടെത്തുന്നില്ല അരമണിക്കൂർ ലളിതാ സഹസ്രനാമം എല്ലാം എല്ലാ ദിവസം ചെയ്യാൻ പറഞ്ഞ നമുക്ക് ബോറടിക്കുന്നതും ഉണ്ട് എന്തുകൊണ്ടാണ് ബോർ അടിക്കുന്നത് നമുക്ക് അത് ആനന്ദം കണ്ടെത്താൻ പറ്റുന്നില്ല മറിച്ച് എന്താണ് വിരസതയാണ് അനുഭവപ്പെടുന്നത് എല്ലാ ദിവസവും പിറ്റേ ദിവസം അപ്പൊ പിന്നെ അവിടെ റൂള് പ്രയോഗിക്കുന്നു ചാട്ടോർ അടിക്കും എന്തിനാ കൊണ്ട് ദിവസം ഇത് ജയിപ്പിക്കാൻ ഇവനെന്തെങ്കിലും ഇതിന് ഗുണമുണ്ടോ അവനത് ആനന്ദം കണ്ടെത്താൻ പറ്റുന്നില്ല അവന്റെ മനസ്സും നഷ്ടപ്പെടുന്നില്ല അവർ അവനത് നിരസമായി തോന്നി ഇനി ഒരാൾ അതിന്റെ ആനന്ദം കണ്ടെത്തുകയാണെങ്കിലോ ഒരു കോഴ്സും വേണ്ട സ്വയം ആനന്ദം ആനന്ദം എല്ലാവരും ചോദിച്ച് സന്തോഷം പേടിച്ചിട്ടുള്ളത് ഓണ് നഷ്ടപ്പെടുക കൊണ്ടല്ല അതിന്നൊരു സന്തോഷം പക്ഷേ ഒരാൾക്ക് അതിനും ആനന്ദം കണ്ടെത്താൻ പറ്റും അങ്ങനെ വിരസത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം ചെയ്യാൻ പറ്റും അതിൽ തന്നെ ആനന്ദം കണ്ടെത്തും ആനന്ദം കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെ ജീവൻ അണുവാണെന്നുള്ള അറിവിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന എല്ലാ ആനന്ദം കണ്ടെത്തുന്നു അവർക്ക് വലിയ ഈ ആനന്ദത്തിൽ ഇങ്ങനെ ജീവിക്കാം മരണശേഷം പരംധാമത്തിൽ പോയിട്ട് എന്ത് ചെയ്യണം അവിടെ ഈ ആനന്ദത്തിൽ കഴിയാം എന്നുള്ള പ്രതീക്ഷകളാണ് അപ്പൊ അദ്വൈതമാണ് ആനന്ദത്തെ കൊടുക്കുന്നത് അദ്വൈതമാണ് ശരി അത് മാത്രമാണ് ശരി എന്ന് പറയുന്നത് മൂഢന്മാരാണ് ഒരു അദ്വൈതം അദ്വൈത സ്വപ്നത്തിൽ ജീവിക്കുന്നവരാണ് യാഥാർത്ഥ്യ പോകുന്നുണ്ട് അദ്വൈതത്തിൽ ഒരു സ്വപ്നം പോലും കൊണ്ടുനടക്കുന്ന ആൾക്കാർ അത് മാത്രം ശരി വേറെ ഒന്ന് ചെയ്യും ഇന്നില്ല ഓരോരുത്തർക്ക് എന്താണോ ആനന്ദം കൊടുക്കുന്നത് അതവരുടെ ചെയ്യും എന്നേ പറയാൻ പറ്റും അതുകൊണ്ട് ഇതേ നിനക്കാനന്ദത്തെത്തരു എന്ന് പറഞ്ഞ് ഒരാളുടെ പേർക്കും ഒന്നും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല ആർക്ക് അവരുടെ മനസ്സിന് എന്താണോ ഇണങ്ങുന്നത് അതിൽ അവരാനന്ദിക്കട്ടെ എന്നൊരു വിശാല നിലപ്പാടാണ് ഇവിടെ എടുക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഇവിടെ പറഞ്ഞിരുന്നത് എന്താണോ അദ്വൈതമോ അദ്വൈതത്തിലെ ആനന്ദത്തെക്കുറിച്ചാണ് പറയുന്നത് മറ്റത് എന്തോ ആയിക്കൊള്ളട്ടെ എന്നുള്ളൊരു നിലപാടെടുക്കുന്നതാണ് ഒരാൾക്ക് ആത്മീയമായ ആനന്ദമാണെങ്കിലും നല്ല ഭൗതികമായ ആനന്ദത്തെക്കുറിച്ചല്ല പറയുന്നത് ആത്മീയമായ ആനന്ദമാണെങ്കിലും ഒരാൾക്ക് ഏത് പദ്ധതിയും സ്വീകരിക്കും മനസ്സിന് ഇണങ്ങുന്ന മറിച്ച് ഇപ്പോൾ മൊബൈൽ പുതിയ പുതിയ അപ്ഡേഷൻ വന്നുകൊണ്ടേലും പുതിയ അപ്ഡേഷൻ വരുന്ന നിങ്ങൾ പുതിയത് അതിനനുസരിച്ചുള്ള പുതിയ പുതിയ ഫീച്ചേഴ്സ് അത് ഉപയോഗിച്ചെന്ത് ചെയ്യും നമ്മുടെ എക്സ്പീരിയൻസ് മാർക്കിന്റെയും അതെല്ലാം ശരിക്കും ഉപയോഗിക്കുക അറിയാവുന്നവർ അതിലൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കും കൊള്ളാമോ പഴയ ബട്ടൺ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അപ്ഡേഷൻ ഉള്ള ആൾക്കാരുടെ കാര്യമാണ് അവർക്ക് ഈ പറയുന്ന മനസ്സിലാക്കത്തില്ല അപ്പൊ അവരുടെ ജോലി എന്താണ് ആ അപ്ഡേഷൻ ഉപയോഗിക്കുക അതിലൂടെ അവരെജോയ് ചെയ്യുക ഭൗതികമായ ഒരു കാര്യത്തിൽ പറയും ഇതിന്റെ പിന്നിൽ കുറെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഈ അപ്ഡേഷൻ ഉണ്ടാക്കാൻ അവരും നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് അതാണ് അവർക്ക് ആനന്ദത്തെ കൊടുക്കുന്നത് അതെനിക്കറിയേണ്ട ആവശ്യമുണ്ട് അവിടെ പലതരത്തിലുള്ള മത്സരങ്ങളുണ്ട് പലതരത്തിലുള്ള മത്സരമാണ് പ്രധാനമായിട്ട് എനിക്ക് ഒരു വീട്ടിൽ മത്സരിക്കുന്നുണ്ട് പുതിയ പുതിയ അപ്ഡേഷൻ നടക്കാൻ വേണ്ടി പുതിയ ബീച്ചേഴ്സ് കൊടുക്കാനാണ് അതൊന്നും എനിക്കറിയേണ്ട ആവശ്യം അത് ചെയ്യേണ്ടവരത് ചെയ്തോളും അവർക്ക് അതിൻ്റെ ലഭിക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഉപയോഗിക്കുക ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് വേർഷൻ അത് ഉപയോഗിക്കുക എന്നുള്ളത് അത് എൻജോയ് ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നിവിടെ തർക്കവിതർക്കങ്ങളൊക്കെ എന്തുകൊണ്ട് ഒരുപാടിങ്ങനെ നടന്നു പഴയകാലത്ത് പണ്ടത്തെ ഫ്യൂഡൽ സിസ്റ്റത്തില് രാജാക്കന്മാർക്ക് ഇവർ ചെലവൊക്കെ കൊടുത്ത് അവരെ വളർത്തുക ഇവരുടെ ഒരു വിനോദമായിരുന്നു രാജ സദസ്സുകളിൽ പണ്ഡിത തർക്കിക്കുക അവസാനം പണക്കിഴിവ് വാങ്ങുക തിരിച്ചും മറിച്ചും എല്ലാ പക്ഷവും പറയുക ഏതു പക്ഷവും സമർപ്പിക്കുക അവർക്ക് ഈ ഈ പ്രോഗ്രാമേഴ്സിനെ പോലെയാണ് അവർക്ക് അതിന്റേതായ ഗുണങ്ങളുണ്ടാവില്ല അവരതിന്റെ ബെനിഫിഷ്യറികളല്ലേ അങ്ങനെ തർക്കിക്കുന്നവർക്കതാക നമ്മളെന്ത് ചെയ്താൽ മതി ആ സിദ്ധാന്തം മാത്രം നോക്കിയ അവർ ഈ ആനന്ദം ഉണ്ടാവുമെന്ന് പറയുന്ന ഭാഗം ശ്രദ്ധിച്ചു നോക്കുക ആനന്ദം ഉണ്ടാകുന്നുണ്ട് നമ്മുടെ മനസ്സിന് അണങ്ങുന്നതാണോ എന്ന് അതിൽ ആനന്ദം കണ്ടെത്തുക അദ്വൈതമായാലും കൊണ്ട് അദ്വൈതമായാലും എന്തേർപ്പാടായിട്ട് അതാണ് ഇവിടുത്തെ നിലപാട് മറ്റവർ തർക്കിച്ചതിന്റെ പണക്കിഴികളൊക്കെ വാങ്ങി അവരാനന്ദിച്ചോട്ട് കുഴപ്പമൊന്നുമില്ല ഒരു ദോഷവും അവരുടെ ലോകം അതാണ് നമ്മൾ വെറും കസ്റ്റമേഴ്സാണ് മറ്റൊരു ഡെവലപ്പേഴ്സ് പണ്ഡിതന്മാരൊക്കെ ഡെവലപ്പേഴ്സ് നമ്മളിന്ന് അവന്റെ കസ്റ്റമേഴ്സ് ഇത് രണ്ടു തരത്തിലു പോയിക്കൊണ്ടിരിക്കും ഇന്ന് ഡെവലപ്പേഴ്സിന് വലിയ ചാൻസസ് അവര് കസ്റ്റമൈസ് ചെയ്ത സാധനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ അദ്വൈതം കൂടുതലും പണിയെടുക്കാനൊന്നും നമ്മൾ ഉപയോഗിക്കുന്ന കാരന്റെ ലേറ്റസ്റ്റ് വേർഷനാണ് അപ്പൊ അതിലെന്ത് ചെയ്യുക ആനന്ദിക്കുക എന്നാണ് പറയുന്നത് ആ തർക്കത്തിലേക്ക് പോകേണ്ട കാര്യം ഈ തർക്കം കൊണ്ട് ഗുണവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണോ ഈ ലേറ്റസ്റ്റ് ഫെഷനൊക്കെ നമുക്ക് കിട്ടിയത് പദ്വ വളരെ ദോഷം ദോഷമുണ്ടായതെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയകാലത്ത് നല്ല ബുദ്ധിയും കഴിവുമുള്ള ആൾക്കാരെല്ലാം ഈ നിഗൂഢമായ ദഹനമായ മനോസബുദ്ധിക്കാം അതീതെന്ന് പറയുന്ന തത്വങ്ങളുടെ പിന്നൽ അതിൻ്റെ പിന്നാലെ തർക്കിച്ച് തർക്കിച്ച് തർക്കിച്ച് അവർ തർക്കിച്ച് തർക്കിച്ചു പോയി അതിൽ ചില ഗുണം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് നമ്മുടെ ഭാരതീയമായ ചിന്തയ്ക്കെന്ത് ദോഷം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് അവർക്ക് മിസ്സായി ഞാൻ കാശീരിൽ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു കഥ വരെ ശരിയാണോന്ന് എനിക്ക് അവിടെ ഒരു മഹിളാഭവനമുണ്ട് അത് ശരിയാണ് ഒരു കട്ടു അവിടെ പഴയകാലത്ത് ബെറില വർഷത്തിലൊരിക്കടെ താമസിച്ചു ഇതൊരു കാശികളുടെ എല്ലാ അമ്മമാരെയും കൂടി വിഭവ സമൃദ്ധമായ ഒരു ഭക്ഷണം കൊടുക്കും ഞാൻ മുമ്പൊരിക്കുന്നറിയത്തില്ല ഓർമ്മയുണ്ടോ ഉണ്ടെങ്കിൽ ബാക്കി പറയും ഞാൻ പറഞ്ഞു വിഭവ സമൃദ്ധമായ ഒരു ഭക്ഷണം കൊടുക്ക കൊടുത്ത് ദക്ഷിണയും കൂടി പത്രക്കാരെ ചോദിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്ത് ഉണ്ടാക്കുന്ന പണം കൊണ്ടുവന്നതിനായി ഇവിടെ ഈ അലഞ്ഞി അടങ്ങുന്ന ഈ സാമുമാർ കഥാപിത്തുകാർക്കൊക്കെ കൊടുക്കുന്ന പത്രക്കാരോ ചോദിച്ച് ഇദ്ദേഹം പറഞ്ഞ മറുപടി ഇവരൊന്നും നിങ്ങൾ കരുതുന്ന പോലെ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി നിങ്ങൾക്ക് എൻ്റെ ബിസിനസ് കൂട്ടിപ്പോയി എന്ത് ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ അത് ഞാൻ പറയുന്നതാണ് അത് ഇത്രേ പറഞ്ഞു ഇവര് ഈ ബിസിനസ്സിലേക്ക് എന്റെ ബിസിനസ് ഇറങ്ങി ഞാൻ ബിസിനസ് കൂട്ടിപ്പോയത് ഒരു ഉപകാര സ്മരണ എന്നുള്ള ഇണകുന്ന ഞാൻ ചെയ്യുന്നത് ബാക്കി നമ്മൾ ചോദിച്ചോണ്ട് ഇവര് ഈ ഇരുപത്തിനാല് മണിക്കൂർ ചിന്തിച്ച് കൂട്ടുന്നത് കൊണ്ട് സമൂഹത്തിനൊരു ഗുണവും ഇല്ല ബരളജ് സമൂഹത്തിന് ഒരു ഗുണമുണ്ടായി പ്രളയ്ക്കു അതൊരു ചിന്താലോകത്താണ് അതിന് വ്യക്തിപരമായി അവർക്ക് പ്രതിഫലം കിട്ടും എന്താണ് പണക്കിടി സമൂഹത്തിന് ഗുണമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ അപൂർവം ചിലത് മാറി ചിന്തിച്ചത് കൊണ്ടാണ് ചില ചില ഭാവങ്ങൾ ചില വിഷയങ്ങൾ ചിലത് ചില ചില പുരോഗമനം ഉണ്ടായിരുന്നു അത് അപൂർവം ചില വിഷയങ്ങളെയുണ്ട് നോക്കുക ചിന്തിച്ചവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക ചിന്തിച്ചു നോക്കുക പഴയകാലങ്ങൾ ലൈവിയെ കണാദൻ ചിന്തിച്ച് ഗൗതമം ചിന്തിച്ച് കപിലൻ ചിന്തിച്ച് പതഞ്ജം ജനിച്ച് ശങ്കരാചാര്യം ചിന്തിച്ച് രാമാനുജനം ചിന്തിച്ചു മാധ്യമം ചിന്തിച്ചു ഇവരെല്ലാം ചിന്തിച്ചതെന്ന് ഇവരെല്ലാം നോറുകണെങ്കിൽ ഗ്രന്ഥങ്ങൾ എഴുതി എന്തിനെ കുറിച്ച് അവരെല്ലാം ചിന്തിച്ചതും ഗ്രന്ഥങ്ങൾ എഴുതിയു അതീന്ദ്രിയമായ വിഷയങ്ങളെ കുറിച്ച് ആത്മാവിനെ കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് അതിഷ്ടത്തെക്കുറിച്ച് അതും മനുഷ്യന് പോയുള്ള ഒരു കാര്യമില്ല ഇവരെല്ലാം ബുദ്ധിമാന്മാരായിരുന്നു പല പലതരത്തിലുള്ള കഴിവുകളുള്ളവരായിരുന്നു എന്തിനും ചാർവാകന്മാർ പോലും അവരും ആത്മാവിനെക്കുറിച്ച് അവർ ചിന്തിക്കാൻ പോകും അവർ ഇല്ലാന്ന് ചിന്തിച്ചെന്നേ ഉള്ളൂ എന്തേലും അവർ ചിന്തിച്ചതിനെ കുറിച്ചാണ് അവരുടെ പ്രയത്നം മുഴുവനതില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതുകൊണ്ട് സമൂഹത്തിന് കാര്യമായ ഗുണമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങൾ അവർക്കുണ്ടായി ഇന്ന് നമുക്ക് പറയാം ആത്മീയമായ ചില ഗുണങ്ങളുണ്ടായി വ്യക്തിപരമായ ആത്മീയമായ ചില ഗുണങ്ങളുണ്ടായി പക്ഷെ സമൂഹത്തിന്റെ വളർച്ച അത് സഹായിച്ച അതാണ് പാശ്ചാത്യമായ ചിന്തകളും നമ്മുടെ ചിന്തകളും നമ്മൾ വ്യത്യാസം അതൊന്നും ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഞാൻ പറയുന്ന ദേശദ്രോഹമാണെന്ന് പറയും ഇന്നത്തെ രാഷ്ട്രീയം ഈ പറയുന്നൊക്കെ ദേശദ്രോഹം എന്ന് പിടിച്ച് ചിലപ്പോൾ ജയിലിലൂടും വയസ്സുകാലത്ത് എവിടെയെങ്കിലും കിടന്നാണ് അതുകൊണ്ട് പേടിയും അങ്ങനെ വെക്കാനും അങ്ങനെയും കുറയാൻ പാടില്ല ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനുഷ്യന്റെ ബുദ്ധിയും കഴിവുമെല്ലാം സമൂഹത്തെ കണ്ടിട്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നതിന് പകരം എന്ത് നിഗൂഢമായ വിദ്യ അതിനുവേണ്ടി ചിന്തി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് പ്രയോജനമില്ല എന്ന് ഞാൻ പറയും പക്ഷേ സമൂഹത്തിന്റെ വളർച്ച തടസ്സമാണ് ഇതിൻ്റെ ബാലൻസിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ആത്മീയത ആവശ്യമാണ് വളർച്ച ആവശ്യമാണ് രണ്ടും ആവശ്യമാണ് അപ്പോ ഒന്ന് അധികമായാലും പ്രശ്നമാണ് ആത്മീയത കൂടിയാലും പ്രശ്നമാണ് ഭൗതികം കൂടിയാലും പ്രശ്നമാണ് ആത്മീയം കൂടിക്കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്താണ് ആത്മീയം കൂടിയാലാണ് പ്രശ്നം ആത്മീയം എന്ന് പറയുന്നത് കൂടുന്ന വ്യക്തികളിലാണ് അത് കൂടിയാൽ വട്ട പിടിഞ്ഞു വട്ടായ്മ കൂടിക്കഴിഞ്ഞു ഭൗതികം കൂടിക്കഴിഞ്ഞാലോ സമൂഹത്തിൽ നിന്നും പ്രശ്നമുണ്ടായിരുന്നു പലതരത്തിലുള്ള പ്രശ്നം ഇതൊന്ന് ബാലൻസ് ചെയ്യും ബാലൻസ് ചെയ്യണം എന്ന് പറയുമ്പോൾ രണ്ടു വഴിക്കും മനുഷ്യൻ ചിന്തിക്കണം ൂഢടമായ വിഷയങ്ങളോട് ചിന്തിച്ചാൽ മാത്രം എല്ലാത്തിനും പരിവർത്തനങ്ങൾ വന്നുകൊണ്ട് ഭൗതികമായ അന്വേഷണങ്ങളിലും പഠനങ്ങളിലും എങ്ങനെയാണോ പരിവർത്തനങ്ങൾ വരുന്നത് ആത്മീയമായ ചിന്തകളിലും പരിവർത്തനം വരണം എന്ന് വെച്ചാൽ അത് സമൂഹത്തിന് ഉപകരിക്കത്തിന്റെ രീതിയിൽ അതിലും മാറ്റം കിട്ടണം അപ്പോൾ പഴയ കാലത്ത് അങ്ങനെയല്ല നൂറ്റാണ്ടുകൾ തന്നെ ഇവിടെ വലിയ ബുദ്ധിമാ നമ്മൾ ബുദ്ധിമാന്മാരെന്നും കഴിവുള്ളവരെന്നും പറഞ്ഞ് ആരാധിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു ഇവരെല്ലാവരെയും നിമൂഢ സമയം ചെലവഴിച്ചവരാണ് കൃഷിമാർ എന്നൊക്കെ പറയും എല്ലാവരും അവരുടെ ചിന്താ അത് സമൂഹത്തിന് കാര്യമായി പ്രണമെന്ന് ശരിയായ സാമൂഹ്യ ബോധം ഇല്ലാത്തതുകൊണ്ട് സമൂഹത്തിന് ദോഷം ഇല്ല ആത്മീയത എന്ന് പറയുമ്പോൾ സമൂഹത്തെ പൊരുത്തപ്പെടുത്തുന്നതായി ഒരു മനുഷ്യന്റെ മനസ്സിന് അവന്റെ ജീവിതവുമായി പൊരുത്തപ്പെടുത്തിയ പോലെ സമൂഹത്തെ തന്നെ പൊരുത്തപ്പെടുത്തുന്ന പരസ്പരം പൊരുത്തം ഹാർമണി എന്ന് പറയുന്നത് സമൂഹത്തിൽ അത് ഉണ്ടാക്കുന്നതായിരിക്കും ഇതെന്താണ് തർക്കം ഫൈറ്റി അതിൽ ജയിക്കുക പണക്കിഴികൾ കൈവശം അങ്ങനെയായി അപ്പൊ അതുകൊണ്ട് നമുക്ക് ദോഷങ്ങളുണ്ടായിട്ടുണ്ട് ഒരുപാട് ഉണത്തക്കാർ ഉണത്തേക്കാൾ ഏറെ ദോഷമുണ്ടായിട്ടുണ്ട് ദുരഭിമാനമുണ്ട് നമ്മളെപ്പോഴും പറയുന്നത് എന്താണ് നമ്മുടെ ആത്മീയതയിൽ നമ്മൾ അഭിമാനത്തെ തിരിച്ചും അഹങ്കാരത്തെ ഇതാണ് നമ്മൾ നിരന്തരം പറയും എന്നിട്ട് നമ്മളെന്ത് പറയും ലോകത്തിൽ നമ്പർ വൺ നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ അറിവ് നമ്മുടെ ഇതല്ലേ അഹങ്കാരം ഇതിന്റെ അല്ലേ നമ്മൾ അഭിമാനം എന്ന് പറയും അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഈ അഭിമാനത്തെത്തിരിക്കുന്നത് നമ്മൾ നമ്പർ ഒൺ എന്ന് പറയുകയാണെങ്കിൽ അത് അഭിമാനമാണ് ഇതിനകത്ത് മുഴുവൻ വൈനിഗ്യങ്ങളാണ് ചിന്തിക്കാത്ത അഭിപ്രായപ്പെടുക നമ്മൾ പറയും വസുദൈവ കുടുംബങ്ങൾ ഈ ലോകം മുഴുവൻ എന്താണോ കുടുംബമാണ് എല്ലാവരും നമ്മൾ ഏകോദര സഹോദരങ്ങളാണ് ഇന്ന് നമ്മൾ പറയും നമ്മൾ ഫസ്റ്റ് നമ്മളാദ്യം അതങ്ങനെ പിന്നെ നമ്മൾ വേറെ നമ്മുടെ കുടുംബം തന്നെ അതാണ് നമ്മുടെ മിഷന് ഇതൊക്കെ എവിടെ പോകുന്നു ഇതൊക്കെ എന്താ ഈ മനുഷ്യൻ നമ്മുടെ വിഷൻ എന്തായിരിക്കണം ലോകം മുഴുവൻ ഫസ്റ്റായിരിക്കുന്നു അല്ല ഞാൻ ഫസ്റ്റ് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് ഇരിക്കുന്നു ഞാൻ പറയണേ ഞാനിവിടെ ഒന്നാമനാണ് അപ്പൊ നിങ്ങളൊക്കെ രണ്ടാം തിരുത്താറാണ് എന്നിട്ട് ഞാൻ പറയുന്നു നമ്മളെല്ലാം ഒരാത്മാവാണ് നമ്മളെല്ലാം സഹോദരി സഹോദരൻ പറയാണ് ഈ പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് നമ്മളെല്ലാവരും ഫസ്റ്റ് ആവണോന്നല്ലേ ചിന്തിക്കേണ്ടത് ഞാൻ പറയുന്നത് ദേശദ്രോഹമാണോ പരിശോധിച്ചു ഇത് വൈരുദ്ധ്യങ്ങളാണ് ഈ വൈരുദ്ധ്യം നമ്മുടെ ചിന്തകൾ ശരിക്കും അങ്ങനെയാണോ അതാണോ ശരിയായ ചിന്ത അപ്പൊ നമ്മള് ദേഹാഭിമാനം എന്ന് പറയുന്ന ഉപേക്ഷിക്കുന്നുണ്ട് ദേഹാഭിമാനം പറയുന്നു പക്ഷെ നമ്മൾ പിന്നെ അഭിമാനം വയ്ക്കുന്ന അതിലും വലിയ അഭിമാനങ്ങളാണ് ദേശാഭിമാനം പ്രസ്ഥാനത്തിലുള്ള അഭിമാനം മതത്തിലുള്ള അഭിമാനം എന്തെല്ലാം എന്തെല്ലാം വലിയ അഭിമാനങ്ങൾ വയ്ക്കുന്നു അതിനവശ് ഈ ദേഹാഭിമാനം വളരെ കുഞ്ഞനാണ് നമ്മുടെ ചിന്താ വികലതകളാണ് നമ്മുടെ മനസ്സ് ഒരുപാട് വികസിക്കാനും നമ്മുടെ മനസ്സ് കുറച്ചുകൂടെയൊക്കെ ഉൾക്കൊള്ളണം നമ്മുടെ മനസ്സ് പുറന്തടണമെന്ന മനസ്സാണ് അതുകൊണ്ടാണ് നമുക്കങ്ങനെ പറയുന്നത് അത് ഉൾക്കൊള്ളുന്ന മനസ്സാണ് മനസ്സിനൊരിക്കലും അതിരുകൾ പാടില്ല കുറഞ്ഞ പക്ഷം അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് ഇവിടെ പറയുന്നത് നല്ലൊരാശയമാണ് അദ്വൈതമെന്ന് പറയുന്ന ആശയം എല്ലാം ഏകമായസം അങ്ങനൊരു അറിവ് മനുഷ്യൻ ആനന്ദത്തെ കൊടുക്കുന്നു അപ്പം അവിടെ ആ തർക്ക വിതർക്കങ്ങളിൽ നിന്നെല്ലാം മാറിയിരുന്നിട്ട് ആ ഏകത്വ ബോധത്തിൽ ആനന്ദം കണ്ടെത്തുക എന്നാണ് പറയുന്നത് അതാണ് ഇവിടെ പറയുന്നത് അതാണ് പരോ അണുറുവാഹി ദേഹി പരനാണോ അണുവാണോ വികല്പമാണ് ഇതാണോ ഇതാണോ അത്തരം ചിന്തയിലേക്ക് അതൊരു വിഷയമല്ല എന്നാ പറയുന്നത് അതെന്തു ആയിക്കൊള്ളട്ടെ ഞാനെന്ത് ചെയ്യുന്നു ജഗത്തിൽ വിഹരാമി അനഖരാമ ഈ ലീ ലോകത്ത് വിഹരാമി ഞാൻ ആനന്ദത്തോടെ ജീവിക്കുന്നു വിഹരിക്കുക എന്ന് പറയുന്ന പ്രഹാര ആഹാര സംഹാര വിഹാര പരിഹാരം വിഹരിക്കാന്ന് തുടങ്ങിയ സാറിന് കളിക്കുക എന്നുള്ള അർത്ഥം പറഞ്ഞു ധാതുനും പ്രസക്തിയുടെദാർ ബലാദന്യത്രീയെ പഠിച്ചിട്ടുള്ള ഇവിടെ വിനോദിക്കുക എന്നുള്ള അർത്ഥമാണ് അനഖയാ അഖം പാപം പാപരഹിതമായ ബുദ്ധിയുണ്ട് നമ്മൾ മത്സരിക്കുന്നത് എന്നുകൊണ്ടാണ് പാപബുദ്ധി കൊണ്ടാണ് മത്സരിക്കുന്നത് എന്തിനാ മത്സരിക്കുന്നത് അവനെ തോൽപ്പിക്കണം ആ ബുദ്ധിമുട്ടാണ് മത്സരിക്കും മറ്റേ എനിക്ക് ജയിക്കണം തറക്കിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ് നിങ്ങൾ എന്നോട് തറക്കിക്കാമെന്ന ഞാനും തിർക്കി ഞാൻ വിട്ടു തരുത്തി അപ്പം എന്റെ മനസ്സിലൊരു വിചാരം വരും നിങ്ങളെ തോൽപ്പിക്കണം നിങ്ങളുടെ മനസ്സിലൊരു വിചാരം വരും എന്നെ തോൽപ്പിക്കണം ഈ തർക്കിച്ചാൽ എവിടെയെങ്കിലും എത്തൂ എത്തത്തില്ല ആർക്കും വിജയമില്ല അതാണ് ഇപ്പൊ ലോകത്ത് വലിയൊരു മത്സരം നടക്കുക നമുക്കറിയാമായി താരിഫിന്റെ പേരിൽ ഭയങ്കര മത്സരമാണ് അമേരിക്ക ചൈനക്ക് താരിഫ് ഏർപ്പെടുത്തുന്നു ചൈനയ്ക്ക് അമേരിക്കക്ക് താരിഫ് ചുമത്തുന്നു ഇപ്പോ കഴിഞ്ഞ ദിവസം ചൈന പറഞ്ഞു എന്താണ് ശരി നമുക്ക് മത്സരിച്ച് താരിഫ് നിങ്ങൾ മത്സരിക്കാനാണെങ്കിൽ ഞങ്ങളും മത്സരിക്കാനുള്ള പക്ഷെ ഒരു കാര്യം ഓർക്കണം ഇതിൽ ആരും ജയിക്കത്തില്ല മത്സരത്തിലാരും ജയിക്ക ഒരു യുദ്ധങ്ങളിൽ ഇതുവരാരും ജയിച്ചിട്ടില്ല ആ താരിഫ് മാറായാലും യുദ്ധം യുദ്ധത്തിലാരും ജയിക്കാറില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് യുദ്ധത്തിലാരും ജയിക്കാത്തത് യുദ്ധമുണ്ടാക്കുന്ന നഷ്ടം ആ വളരെ വലുതാണ് വലിയ വലുതായ നഷ്ടം ചെയ്യാന്ന് പറയും നമുക്ക് മത്സരിക്കാം പക്ഷെ ഇതിൽ ആരും ജയിക്കത്തില്ല സത്യമാണ് എന്നുവെച്ചാൽ അവരൊരു അനുരഞ്ജനം ആഗ്രഹിക്കുന്നൊന്നും പക്ഷെ മറ്റേ അത് പെട്ടാണ് അപ്പൊ പിന്നെ ഇതെവിടെ ചെന്ന് കണ്ടറിയും നിൽക്കാനൊന്നുമില്ല അവസാനം ഇതൊക്കെ തിരുത്തി തിരുത്തിയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തിരുത്തലിൽ തന്നെ അവസാനം ചെന്നു രണ്ടാനും പറയേ സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടാകും ആൾക്കാരുടെ ജില്ലാശങ്കകളുണ്ടാക്കും മനുഷ്യന്റെ മനസ്സിൽ അരക്ഷിത ബോധം ഉണ്ടാക്കുന്നു മത്സരങ്ങൾ അതുകൊണ്ടാണ് അവിടെ പറഞ്ഞ അനഖയ ബുദ്ധിയ പാപമില്ലാത്ത ബുദ്ധി പാപമുള്ള ബുദ്ധിയാണ് മത്സരം അപ്പൊ ആ പാപമില്ലാത്ത ബുദ്ധിമുട്ട് അണുറുവരോവദേവി ആ ചിന്തയൊക്കെ വിറ്റിട്ട് ആ തരം തർക്ക വിതർക്കങ്ങളൊക്കെ പറ്റിട്ട് അപ്പൊ ഈ ദുരന്തകർത്താവ് പറയുന്നത് എനിക്കിഷ്ടം ഈ ഒരു അറിവാണ് അണു എന്നുള്ള അറിവല്ല പരനെന്നുള്ള അറിവ് തന്നെ എപ്പോഴും അവനവെന്റെ ഇഷ്ടത്തിലാണ് പ്രാധാന്യം അത് ഇനിയും പറയുന്നത് പക്ഷേ നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്ന നമ്മുടെ നമുക്ക് യോജിച്ച് ശരിയായ തെരഞ്ഞെടുപ്പായിരിക്കണം ഇല്ലെങ്കിൽ അത് നമുക്ക് ദോഷമായിട്ട് പ്രാധാന്യം അവനവന്റെ ഇഷ്ടത്തിന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പെശകായ്പ ഇഷ്ടം അനിഷ്ടമായുമാണ് അപ്പോ എങ്കിൽ എന്തകാര്യം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്താണ് പര എന്നുള്ള പക്ഷം അപ്പോ അത് ആനന്ദമുള്ള അതുകൊണ്ട് എന്ത് പറയുന്നു ജാഗതമിതം അവിടെ ധിയ ദുഷ്ടെത്തി ആ പാപരഹിതമായ മനസ്സുകൊണ്ട് ഈ തർക്കങ്ങളിൽ നിന്നെല്ലാം മാറി ഈ തത്വത്തെ ഗ്രഹിച്ച അറിവുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇവിടം എന്താണോ ഇത് ആനന്ദമാണ് വ്യാഖാനത്തിൽ പറയുന്നത് ജീവൻ മുക്തി എന്ന് പറയുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറയുകയാണ് ആണ് ദുഃഖങ്ങളിൽ നിന്നുള്ള മനസ്സിന്റെ മുക്തിയാണ് നമുക്ക് മനസ്സിലാകാം മനസ്സിലാക്കാം എന്നുള്ള ഭാഷയിൽ പറഞ്ഞാൽ ജീവിതം അപ്പൊ അതാണ് ഈ പറയുന്നത് പറയുന്നു അടുത്ത അതിന് തുടക്കം അങ്ങനെ തന്നെയാണ് ഇത് മാസത്തിൻ്റെ ഒരു രീതിയാണ് ഇങ്ങനെയുള്ള ആശയങ്ങൾ പറയും അതിൻ്റെ പ്രധാനമായ ആശയം പിന്നെ അതിനെ സ്തുതിക്കാൻ തുടങ്ങും കുറെ അപ്പം പറഞ്ഞവിടെ നിർത്തത്തില്ല പിന്നെ അത് കുറെ അങ്ങ് സ്തുതിക്കും അപ്പൊ ഈ സ്തുതി പാഠങ്ങളൊക്കെ ഞാൻ അംഗപ്പെടും ഈ പറയുന്ന ഈ ആശയങ്ങൾ മാത്രം വായിച്ച് വിശദീകരിക്കും അത് സ്തുതിക്കുന്നെന്താണോ ഇതിനോട് താല്പര്യം ഇല്ലാത്തവരിൽ താല്പര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്കെതിരെ താല്പര്യം ഉള്ളതുകൊണ്ടാണല്ലോ ഇവിടെ വന്നിരുന്നത് കേൾക്കുന്നത് ഞാൻ പറയുന്നത് നമ്മൾ പിന്നെ ചോദിക്കേണ്ട കാര്യം ഇല്ല ബാക്കിയുള്ള കാര്യം പറയാം അടുത്ത സർഗം പതിമൂന്ന് ശ്രീ വസി മനസ്സു വിചരന്തി മഹാന്ത് അഭ്യാ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ശ്ലോക ഓർമ്മ വരും ഏതാണ് ശ്ലോകം ആർക്കെങ്കിലും ഏതെങ്കിലും ശ്ലോക ഓർമ്മ വരുന്നുണ്ട് ഏതാം ദൃഷ്ടിം അവിഷ്ടഭ്യ ദൃഷ്ടാത്മാനസ് വിജനന്ദിക സംസാരേ മഹാന്ഭ്യതിത്തായി ഏതാം ദൃഷ്ടിം അവിഷ്ടം നഷ്ടാത്മാനോത്ബുദ്ധിഗ്രകർമ്മ ജഗദോഹിത ഭഗവത്ഗീത ഇതിലെ പല പദ്യങ്ങൾക്കും ഭഗവത്ഗീതയുടെ ഒരു ഛായയുണ്ട് ഇതിന്റെ ആശയങ്ങൾക്കും ഗീതയുമായിട്ട് ഒരുപാട് സാമ്യമാണ് ഇവിടെ പറയുന്നതായിരിക്കും അദ്വൈതമാണെങ്കിൽ ഏതാം ദൃഷ്ടിൻ അവഷ്ടബ് ഈ ദൃഷ്ടിയെ ആശ്രയിച്ചിട്ട് മുമ്പ് പറഞ്ഞ ദൃഷ്ടി എന്താണ് അനഖയാധിയ തത്വേ ദൃഢ്യെന്ന് പറയുന്നത് ആത്മബോധം അതിനെ ആശ്രയിച്ചിട്ട് ദുഷ്ടാത്മാനഹ അബോധമുള്ളവർ സുബുദ്ധയ നല്ല ബുദ്ധിയുള്ളവർ ആ സുബുദ്ധി എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്ന നേരത്തെ പറഞ്ഞ അനഖയാധിയ പാപരഹിതമായ ബുദ്ധിയുള്ളവർ താർക്കിക ബുദ്ധിയൊന്നുമില്ലാത്തവര് മഹാന്ത മഹാത്മാക്കൾ ഈ മഹാത്മാ എന്ന് പറയും എന്തുകൊണ്ടാണ് മനുഷ്യരുടെ മഹാത്മാ എന്ന് പറയും അവരുടെ മനസ്സ് വലുതായതുകൊണ്ടാണ് നമ്മുടെ മനസ്സ് സങ്കുചിതമാവുമ്പോൾ നമ്മളൊക്കെ ദുരാത്മാവ് ഇടുങ്ങിയ മനസ്സ് ഭാഷ ദേശം ജാതി മതം ഇതൊക്കെയാണ് മനുഷ്യൻ്റെ മനസ്സിനെ സങ്കുചിതമാക്കുന്നത് ഇത്തരം അതിരുകളില്ലാത്ത മനസ്സിൽ അവരാണ് മഹാന്ത അവരാണ് മഹാത്മാക്കളുക എന്ന എന്തെങ്കിലും ഒരു രഹസ്യവിദ്യ കയ്യിലിരിക്കുന്നത് കുണ്ടലിനിയെ പൊക്കി അതൊന്നും കൊണ്ട് അവർ മഹാത്മാവാൾക്കാരെ പറ്റിയിരിക്കാൻ പോകുന്നത് മഹാത്മാവിണോ ആണെങ്കിൽ എന്താണ് മനസ്സ് കഴിയുന്നത്ര എല്ലാ തരത്തിലുള്ള സങ്കുചിതത്വത്തിൽ മുക്തമാണ് അങ്ങനെയുള്ള മനസ്സ് ഒരാൾക്ക് സ്വായത്തമാണെങ്കിൽ അങ്ങനെയുള്ള മനസ്സ് ആണ് ശാന്തി സമാധാനം സന്തോഷം എല്ലാം തനിക്ക് തന്നെ വേലുകെട്ടി തന്നെ തന്നെ ഒതിക്ക് കളയുന്ന മനസ്സ് തന്റെ ഉള്ളിൽ ഈർഷയും മുൻപ് പറഞ്ഞതായ അസൂയയും മതവും മാത്സര്യവും ഇതെല്ലാം ഉണ്ടാക്കി തന്റെ മനസ്സിനെപ്പോഴും അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും അതിലെ മനുഷ്യർ എന്താണ് ദേശത്തിന്റെ പേര് അതിരുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ പൈറ്റി ജാതിയുടെ പേരിൽ പൈറ്റി മതത്തിന്റെ പേരിൽ പൈറ്റി രാഷ്ട്രീയത്തിന്റെ പേരിൽ പൈറ്റി അപ്പൊ സ്വയം തനിക്ക് എന്താണ് സങ്കുചിതത്വം ഉണ്ടാക്കിയിട്ടാണ് അവരുടെ മനസ്സ് ഒരിക്കലും ഉൾക്കൊള്ളുന്ന മനസ്സല്ല പുറന്തള്ളുന്ന മനസ്സാണ് നമ്മുടെ ഏറ്റവും ഇന്നത്തെ ഒരു പ്രശ്നമാണ് മനുഷ്യനെ പുറന്തള്ളുന്ന മനുഷ്യരായി വളർത്തിയെടുക്കണം ചൂണ്ടിക്കാണിക്കുകയാണ് അവൻ എന്റെ ശത്രുവാണ് അവനെ നീ കരുതിയിരുന്നു എന്ന് പറഞ്ഞ് എന്താണ് അനാവശ്യമായ ഭയങ്ങൾ സൃഷ്ടിച്ച് മനുഷ്യന്റെ മനസ്സ് യുക്തിരഹിതമായ ഭയങ്ങൾ യുക്തിരഹിതമായ ഭയങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒഴിവാക്കേണ്ട എന്താണ് എന്താണ് ഫോബിയ അത് മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കിയിട്ട് പലതരത്തിൽ പലതരത്തിലുള്ള അത്തരം ഭയങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ വളർത്തിയെടുത്തിട്ട് മനുഷ്യന്റെ മേൽ നിയന്ത്രണം എടുക്കുകയാണത് ഇത് മനസ്സിലാകുന്നു കുറച്ച് തലയ്ക്കാത്ത ആള് താമസം മൂള വേണം അല്ലെങ്കിൽ അതിന്റെ പുറകെ പോകും തളയ്ക്കാത്ത ആള് താമസം ഉണ്ടാവും അതില്ലാതാണ് പ്രശ്നം നമ്മളെ തളയ്ക്കാത്ത ആള് താമസമുണ്ട് അതുകൂടെ വേണം ഫോബിയകൾക്ക് വശപ്പെടും നിത്യരഹിതമായ ഭയത്തിൽ മനുഷ്യൻ വശപ്പെടാൻ പറ്റും അതാണെന്ന് അത് വളർത്തി എടുക്കുകയാണ് എന്തിനുവേണ്ടിയും മനുഷ്യൻ്റെ നല്ല ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ബുദ്ധിയുള്ളവർ നമ്മളെ നമ്മുടെ മനസ്സ് സമുചിതമാവും നമ്മുടെ ദുരാത്മാക്കളാവും മഹാത്മാക്കളാകുമെങ്കിൽ എന്ത് വേണം അതിൻ്റെ ഇവിടെ പറയുന്ന എല്ലാം ഒന്ന് ആശയം മഹത്തായ ഒരു ആശയമല്ല അദ്വൈതം ഇങ്ങനെ ഒരു ആശയം അദ്വൈതം എന്ന് പറയുന്ന ഒരു വസ്തു ഒബ്ജക്റ്റീവോ എങ്ങനെ ഒരു വസ്തു ഉണ്ടോ ഇല്ലയോ അന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല അത് ചിന്തിക്കാൻ വേണ്ടി തർക്കിക്കേണ്ട കാര്യമുണ്ട് പക്ഷെ ആശയം അത് മഹത്തമമാണ് എല്ലാം ഒന്നുള്ള ആശയം അത് ഒന്നാകുമോ ഇല്ലയോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഒന്ന് അങ്ങനെ ഒന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി എല്ലാം ഒന്നെന്നുള്ള ഒരു ആശയത്തെ ശരിയായ അർത്ഥത്തിൽ ശരിയായ വ്യാഖ്യാനത്തിന് മനസ്സിലാക്കുകയാണെങ്കിൽ മനുഷ്യന് മനസ്സിന്റെ വിശാലതയ്ക്ക് അത് ഒരുപാട് ഉപകരിക്കുന്ന കാര്യമാണ് ആണ് പറയുന്നത് എന്താണ് മഹാന്ത വിചരന്തി സംസാരേ ഈ സംസാരത്തിൽ അവർ ജീവിക്കുന്നു വിചരന്തി എന്ന് വെച്ചാൽ അച്ചരിക്കുന്നു ചരകത്തോ എന്ന് അവരെ ഈ ലോകത്ത് ജീവിക്കുന്നു പ്രവർത്തിക്കുന്നു സമൂഹത്തിന് മാർഗനിർദ്ദേശം നൽകുന്നു എങ്ങനെയാണ് സംസാരം എന്ന് പറഞ്ഞൊരു അത് എപ്പോഴും പറയും അതൊരു സമുദ്രമാണ് എന്തുകൊണ്ട് തരണം ചെയ്യാൻ പ്രയാസമുള്ള ഒരു കാര്യമുണ്ട് അവിടെ അഭ്യുദ്ദായം അഭ്യുദായം ചെയ്യുക എന്ന് ചോദിച്ചാൽ ഉദയം ചെയ്യുക എന്ന് മലയാളത്തിൽ പറയുന്നു നമ്മുടെ സാധാരണ ഒരു ഗാർലം എന്താണ് സമുദ്രത്തിൽ സൂര്യൻ ഉദിക്കുന്നു എന്നാണ് പഴയകാലത്ത് അങ്ങനെ ധരിച്ചിരിക്കുന്നു അങ്ങനെയാണ് ചില മതങ്ങളുടെയൊക്കെ വിശ്വാസം അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ സമുദ്രത്തിൽ കുളിക്കാൻ പോകുന്നു എന്നാണ് ലോകത്തെ വലിയ മതങ്ങളിലൊക്കെ അങ്ങനെയൊക്കെയുള്ള വിശ്വാസം ഭൂമിശ്വാസങ്ങളൊക്കെ കുറിച്ചറിവില്ല അപ്പോ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്നു എന്നാണ് നമ്മുടെ ആതിഥ്യൻ രാവിലെ കന്യാകുമാരിയിലൊക്കെ ചെന്ന് നോക്കിയപ്പോ സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ മാത്രമല്ല ആ ഉയർന്നു വരുന്ന സൂര്യബിംബത്തിൽ തിരയടിക്കുന്ന കൂടെ കാണാം ശരിക്കും ആദ്യത്തന്നെ അല്ലെങ്കിൽ അവിടെ പോയി കണ്ടിട്ടുണ്ട് മേഘമില്ലാത്ത പ്രഭാതത്തിൽ അവിടെ ചേർന്ന് അത് നല്ല ഭംഗിയായിട്ട് കാണാം സൂര്യബിംബത്തിൽ തിരയടിക്കുന്നു അപ്പൊ നമുക്ക് തോന്നും എന്താണ് സൂര്യബിംബം സബ്ദത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് അവരെ ഈ സംസാര സമുദ്രത്തിൽ നിന്നും ഈ പറയുന്ന മഹാത്മാക്കൾ ഉദയം ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്തുകൊണ്ട് അവനീ പറയുന്ന ഏകത്വത്തിന്റെ അറിവ് ലോകത്തിന് പ്രധാനിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ആ ഒരു അറിവ് മനുഷ്യനെ ഒന്നിപ്പിക്കാൻ സഹായിക്കുകയോ എന്നല്ലാണ് ാണ് പറയുന്നത് ഉദയം ചെയ്തതുപോലെ അഭ്യദ്യതല്ലൊരു കവിയാണ് ആലങ്കാരികമായ പ്രയോഗങ്ങൾ ഒരുപാട് പ്രയോഗം ബാക്കിയോ എന്താണ് സംസാരത്തിൽ ഉദയം ചെയ്തതുപോലെ ആദിത്യന് ഉദയം ചെയ്തതുപോലെ എന്നുള്ളത് മനസ്സിലാക്കണം ഉത്പ്രേക്ഷ ഉത്പ്രേക്ഷ പല വിധത്തിലുണ്ട് അങ്ങനെ മഹാത്മാക്കൾ എന്ത് ചെയ്യുന്നു ഇവിടെ സഞ്ചരിക്കുന്നു ന ശോചന്തി നാഞ്ചന്തി നാചന്തി സുഖാസുഖം സർവമേവച്ഛ കുറവന്തി നർവന്തി എന്ന് ചിന്തിച്ചാണ് ഇതും ഗീതയിൽ പറയുന്ന ആശയമൊന്നുമില്ല ഗീതയിൽ തന്നെ ചുരുക്കി പറയുക എന്താണ് കുറവന്റെ അഭിനന്ദിയതേ എല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒന്നും അവനെ അലട്ടുന്നില്ല അവൻ വ്യാകുലപ്പെടുന്നില്ല അവന് വിലാപങ്ങളൊന്നുമില്ല എന്നെല്ലാം ചെയ്യുന്നു അതുതന്നെയാണ് ഇവിടെ പറയുന്നത് നശ്വചന്തി അങ്ങനെ ഈ അറിവ് ഈ ലോകത്ത് ജീവിക്കുന്നവര് അവര് ദുഃഖിക്കുന്നില്ല ആന്തരികമായി എങ്ങനെയാണോ ഈ പറയുന്ന വലിയ വലിയ ഒരു മനസ്സില്ല മനുഷ്യ സാധാരണ മനുഷ്യൻ നിസ്സാരമായ കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ലാഭത്തിൽ ചെറിയ നഷ്ടത്തിൽ ചെറിയ പരാജയങ്ങൾ എല്ലാം കാര്യങ്ങളുള്ള ഒരു വലിയ ദുഃഖം അനുഭവിക്കും സാധാരണ മനുഷ്യർക്കൊക്കെ ചെറിയൊരു വീഴ്ച വരെ മതി പിന്നെ അവർക്ക് കരകയറാൻ പറ്റത്തില്ല അവിടെ കിടക്കണം അതുപോലെ അവന് ദുഃഖിക്കുന്നില്ല എന്നാണ് ഈ പറയുന്നത് എന്ന ശോചനത്തിൽ സാധാരണ മനുഷ്യരെ പോലെ ഇങ്ങനെ ഒരു അറിവില്ലാത്തവന്റെ ദുഃഖവും അറിവുള്ളവന്റെ ദുഃഖവും തമ്മിൽ ആ ദുഃഖമുണ്ടെങ്കിൽ അത് വ്യത്യസ്തമാണ് എന്തിനും മനസ്സിലാക്കാൻ അറിവുള്ളവന് ദുഃഖമില്ല എന്ന് പറയാൻ അറിവുള്ളവനും ദുഃഖം വരാം പക്ഷെ ദുഃഖം വന്നാലും അവൻ ദുഃഖിക്കുന്നതിന്റെ അറിയില്ലാത്തതോടൊപ്പം അത് ഇനി വരുന്ന ഓരോ ഭാഗങ്ങളിലും വിശദീകരിക്കും നോക്കാതെ മനസ്സിലാക്കാം പ്രകൃതിയിലെ അനിവാര്യതകൾ മനുഷ്യനും തള്ളി മാറ്റാൻ പറ്റത്തില്ല മനസ്സുന്നതേ പ്രകൃതിയാണ് അവിടെ അനിവാര്യമായി സംഭവിക്കേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു സംഭവിച്ചു അവിടെയാണ് മനുഷ്യന് അവന്റെ ബിൽ നഷ്ടപ്പെട്ടുള്ളത് എല്ലാം നമുക്ക് നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് അത് സാധിക്കുന്ന കാര്യം അതാണ് ഇതിനെക്കുറിച്ച് വലിയ തർക്കമുള്ളത് മനുഷ്യൻ അങ്ങനെ ഒരു ബിൽ ഉണ്ടോ അത് എല്ലായിടത്തും ഉണ്ടെന്ന് നോക്കി തീരുമാനിക്കാൻ പറ്റില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഏ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്റെ ബിൽ അനുസരിച്ചിട്ടാണ് പക്ഷെ ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകളിങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു അതെല്ലാം എന്റെ ബിൽ ആണ് എന്ന് പറയാൻ എനിക്ക് പലതും എവിടെ നിന്നോ കടന്നു വരുന്നു എവിടേക്കും മറയുന്നു അത്രയേ ഉള്ളൂ അവിടെ നിന്ന് നമ്മുടെ വില്ല് നഷ്ടപ്പെട്ടു എല്ലാത്തിന്റെ പേരിലും നമുക്ക് അങ്ങനെ ഒരു പറ്റില്ല അങ്ങനെ ചിലപ്പോ എന്തൊരു മനുഷ്യന്റെ മനസ്സിൽ ദുഃഖവും കടന്നു വരാം അത് ചിത്തവൃത്തിയാണോ അംഗീകാരമാണോ പക്ഷെ അതിൽ പെട്ടുപോകും ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ ഇവിടെ പറയുന്നു ഏതാം ദുഷ്ടിനോഷ്ടോ വലിയ അറിവുള്ളവരാണെങ്കിലും അവരതിന് വീണ് പോകത്തില്ല അത് അവരെ കടന്നുപോകും അതിനുവേണ്ടി അവർ കാത്തുനിൽക്കൊന്നുമില്ല അത് കടന്നു പോകുമ്പോൾ അവരതിനെക്കുറിച്ച് കടന്നു പോയതിന് ശേഷം അതിനെക്കുറിച്ച് ഓർക്കും വ്യാപനപ്പെടുത്തുന്നു വിശോജന്തി എന്ന് പറയുന്നതിന് അതാണ് അർത്ഥം അത് മനസ്സിൻ്റെ ഒരു ഉന്നതമായ ഒരു നിലയാണ് ആ നിലയിൽ നമുക്ക് തൽക്കാലം